സർവോഹി പുരോഗസ്ഥിതിയും വിഷയവും വിഷയാനും മറ്റൊരു വിഷയത്തെ അധ്യസിക്കുന്നത് മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന രജ്യം സർപ്പത്തെ അധ്യസിക്കുന്നു വിഷ്ണു പ്രത്യേക അഭേദ സ്ഥിത പ്രത്യേകാത്മന ആശയത്തിനുള്ള ഇത് എന്നറിയാൻ കഴിയാത്തതായ പ്രത്യേകാത്മ വിഷയമാണ് അപ്പൊ അതിലങ്ങനെ അധ്യസിക്കുന്ന ഇതെന്ന് ആത്മാവെന്ന് അറിയാൻ കഴിയത്തില്ല ആത്മാവെന്ന് അധ്യാസ സംഭവിക്കും അധ്യാസ സംഭവത്തിനൊരു അധിഷ്ഠാനത്തെ അറിയും പ്രജുവിനെ അറിഞ്ഞാല് ഇതം എന്നറിഞ്ഞാല് സർപ്പത്തെ അധ്യസിക്കാൻ പറ്റും ആത്മാവിനെ അവനും ഭാഷത്തിൽ സമാധാനം പറഞ്ഞു സമാധാനം പറയാൻ അന്നത്താകതായി വിവേകാന്തം ഈ ആത്മാവെന്ന് പറയുന്നു പൂർണ്ണമായും അവിഷയമായോ ഒന്നല്ല എന്നെയോ അസുഖപ്പെടുത്തി വിഷയ ഈ ബോധത്തിന് വിഷയമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് അതാണ് അവിടെ വിശദീകരിച്ചത് അപരോക്ഷത്വം പ്രത്യേക പ്രത്യേകാത്മാവിന്റെ പ്രകാശം അപരോക്ഷമായിരിക്കുന്നുണ്ട് അറിയും അപരോക്ഷമായിരിക്കുന്നു അതാണ് വിശദീകരിച്ചത് നിയമ പുരോപസ്ത ഏക വിഷയെ വിഷയാതരം അധ്യസ്ഥിതീ ഇനി ഏറെ കൂടി പറയും മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിൽ മാത്രമേ മറ്റൊന്നിനെ ആരംഭിക്കാവുന്ന നിയമമില്ല സർപ്പത്തെ ആരോപിക്കുമ്പോൾ ശരിയാണ് രജു ഹിതമെന്ന് അറിയുന്നു അത് സർപ്പത്തെ ആരോപിക്കുന്നു പക്ഷെ ഭ്രമമുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെയൊരു നിയമമില്ല എന്ന് പറയുന്നത് നിയമം അങ്ങനെയൊരു നിയമം അവസ്ഥ നിൽക്കുന്ന ഒരു വിഷയത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ വിഷയാന്തരം അധ്യസ്ഥിതും മറ്റൊരു വിഷയത്തെ അധ്യസിക്കുന്ന നിയമമില്ല ആകാശേ ആകാശം അപ്രത്യക്ഷമാണ് അപ്രോക്ഷമാണ് അപ്രത്യക്ഷമാണ് അല്ലെങ്കിലും ബാലാഹ അവിവേകികൾ തല മലിനായി ഉദ്ധ്യസന്തി ആകാശത്ത് മലിനത്തെ അധ്യസിക്കുന്നു പ്രതലത്തെ ഉദ്ധ്യസിക്കുന്നു പ്രത്യക്ഷം അല്ലാതെ ആകാശത്തിലും പറഞ്ഞ് ഞാൻ അധ്യസിക്കുന്നു ത്മാവിനെ പ്രത്യക്ഷിക്കുന്നതിന് ആത്മാവ് പ്രത്യക്ഷമായിരിക്കണമെന്നില്ല എന്ന് പറയുന്നു അപ്പോ അടുത്ത് അനുഭാവി പറയുന്നു തദൈവം പരമാർത്ഥ പരിഹാരം ഉക്ത അഭിപ്രായ ചിതാത്മന പരോക്ഷതാണ് ം പരമാർത്ഥ പരിഹാരം ശരിക്കുള്ള പരിഹാരം കൂടെ പറഞ്ഞു എന്താണ് ആത്മാവ് പ്രത്യക്ഷമാണ് അത് അപരോക്ഷമാണ് അതുകൊണ്ടുള്ളത് ദേഹാദികളെ അത്യസിക്കുക അതാണ് സമാധാനം അതായത് ആത്മാവിന് ഇത് തന്നറിയാൻ കഴിയത്തില്ല പിന്നെ എങ്ങനെയാണ് അവിടെ അധ്യാസം നടത്തും അതൊരു സമാധാനം ആത്മാവ് ഇതെന്നല്ല അസ്മൃത്പ്ര വിഷയമാണ് അഹമെന്ന് അറിയുന്നുണ്ട് ആത്മാവ് ും ശരീരാദികളെ അധ്യസിക്കാം ഇതാണ് പരമാർത്ഥ പരിഹാരം അത് പറഞ്ഞു കഴിഞ്ഞു ഇനിയും അഭിവ്യക്തി ചിതാത്മനോ പരോക്ഷ ചിതാത്മാവിന്റെ പരോക്ഷതയെ അംഗീകരിച്ചു നിങ്ങൾ പറയുകയാണ് ചിതാത്മാവ് അപരോക്ഷം അല്ലാന്ന് പറയാണെങ്കിൽ ശരി സമ്മതിച്ചു അതായത് സിദ്ധാന്തമല്ല സിദ്ധാന്തത്തിന് യോജിക്കുന്ന കാരണം പൂർവക്ഷി പറയുന്നത് ആത്മാവ് പരോക്ഷമാണ് സിദ്ധാന്തവും ആത്മാവ് പരോക്ഷമാണ് പൂർവക്ഷി സംബന്ധിക്കുന്ന എല്ലാവരും പറയുന്ന ആത്മാവ് പരോക്ഷമാണ് പ്രത്യക്ഷമുണ്ട് അപ്രോക്ഷമുണ്ട് അതിനു നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും ാണ് പരോക്ഷതാത്മന പരോക്ഷത വിവേക്യാണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത് അത് സമ്മതിച്ചുകൊണ്ട് തന്നെ പ്രൗഢവാദം പ്രൗഢവാദം എന്ന് പറയുന്നതാണ് പൂർവക്ഷം പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് കേവല തർക്കത്തിലൂടെ അതിനക പ്രൗഢം എന്ന് പറഞ്ഞ വലിയ തർക്കം പൂരോക്ഷി പറയുന്ന സമ്മതമായ കാര്യമൊന്നുമില്ല പക്ഷേ തർക്കത്തിലൂടെ അതിനീകരിച്ചുകൊണ്ട് തർക്കത്തിലൂടെ മറുപടി പറയും അങ്ങനെയാണ് പ്രൗഢവാദം പ്രൗഢിവാദം എന്നൊക്കെ പറയും ഭാഷകാരൻ അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണ് ആത്മാവ് പരോക്ഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സിദ്ധാന്തം ഒന്നും നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരി അംഗീകരിച്ചുകൊണ്ട് അതിന് മറുപടി പറയും പ്രൗഢവാദിതയാ വിവിധമായ തർക്കത്തിലൂടെ അതിനെ പരാജയപ്പെടുത്തുക സിദ്ധാന്തമാണ് അടുത്ത് പറയുന്നത് എന്നാ നിയമ ഗുരു അവസ്ഥ അങ്ങനെ ഒരു നിയമൊന്നുമില്ല എന്താണ് മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്നു മാത്രമേ മറ്റൊന്നിനെ അധ്യസ്ഥയാകൂ അങ്ങനെ നിയമമില്ല പറയാ പ്രൌഢവാ നിങ്ങൾ എന്ത് പറഞ്ഞോ അപ്പൊ തെറ്റാണെങ്കിൽ അതിനേഴ്ച്ചും അത് ഞങ്ങൾ ഖണ്ഡിക്കുന്നു തർക്കം കൊണ്ട് ഖണ്ണിക്ക സിദ്ധാന്തം എന്താ ആണ് പറയുന്നത് എന്നെ അസ്ഥി നിയമ അങ്ങനെയുള്ള നിയമവും മൂലം എന്താണ് പുരോഗസ്ഥിതി ഏവ എന്നിട്ട് രം അധ്യസിന്തിനസിക്കാൻ പോകുന്ന നിയമമൊന്നുമില്ല സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് കസ്മായും നിയമിത്യേതാണ് എന്തുണുള്ളത് നിയമ അധ്യസിക്കണമെങ്കിൽ അധിഷ്ഠാനം മുമ്പിൽ പ്രത്യക്ഷമായിരിക്കണമെന്നൊരു നിയമമില്ല നിങ്ങൾ പറയുന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തർക്കത്തിലൂടെ അതിന് മറുപടി പറയണം അതുപോലെ അപ്രത്യക്ഷ വിധി ആകാശ ബാലഹ തല മലിനി അധ്യസന്തി അതിനൊരുദാഹരണം പറയുന്നു ആകാശം അപ്രത്യക്ഷമാണെങ്കിലും ആകാശം അപ്രത്യക്ഷമാണെങ്കിലും ബാലന്മാരവിവേകി ആകാശത്തിൽ ആരോപിക്കുന്നു എന്തിനെ അപ്രത്യക്ഷമായ ആകാശത്തിൽ പ്രതലത്തെ അതായത് മെണ്ണിട്ട് നോയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് തോന്നുന്നത് എന്താണെന്ന് ഒരു വാർപ്പെടുത്ത് കമഴ്ത്തി വെച്ചതുപോലെ ഭൂമിയിലേക്കാണ് ആകാശം ആ കാണുന്നതിനാണ് പ്രതലവും പറയുന്നത് ആകാശത്തൊരു പ്രതലം ആരംഭിക്കുന്നു ആ വാസ്തവത്തിൽ ആകാശവും പ്രതലവും ഇല്ല അത് വെറും അവകാശം ഇടമാണ് വസ്തുക്കൾക്ക് ഇടം കൊടുക്കുന്ന ഒന്നാണ് പിന്നെ അവിടെ പക്ഷേ ഉണ്ടെന്ന് മനുഷ്യൻ പറയുക മാലിന്യം ആകാശം ഇരുണ്ടിരിക്കുന്നു ആകാശത്തിൽ ഇരുള വരത്തില്ല ഇതിൽ നിന്ന് അവിടെ ആരോപിക്കുകയാണ് അപ്പൊ പ്രത്യക്ഷമല്ലാത്ത ആകാശത്തിലും ആരോഗ്യം നടക്കുന്നുണ്ട് അതുകൂടെ പ്രൌഢവാദമായി പറയുന്നത് ഇനി ആത്മാവ് പ്രത്യക്ഷമല്ലെന്ന് സ്വീകരിച്ചാലും അവിടെ ആരോഗ്യം സംഭവിക്കുക സംഭവിക്കുക എന്നർത്ഥം അതിന് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു അപ്രത്യക്ഷി ഹി ആകാശേ ഹി യസ്മാർ ഹി എന്ന് പറയുന്നത് ഹേത്വർത്ഥത്തിലാണ് അതിന് ആദ്യം അതായത് പ്രത്യക്ഷമായ ഒന്നിൽ മാത്രമേ സംഭവിക്കുന്നു നിയമം അപ്രത്യക്ഷേതി ആകാശേ ബാലാഹലി സങ്കേത sealing out the spirit of Parse etc and the spiritual structure will go during all things When it happens, the Prophet is greater than ever, do not complete in the spirit of the Self-D uncon6 and the Pastor is stronger飽 There is noолог, the Prophet to any other eye is taken by the One and Spirit Right? The one Should das is Shrimp, Palm�, hurting thew�IGN and the Br milliseconds പൃഥിവി ദ്രവ്യമാണ് പൃഥിവി അപ്പ് തേജസ് വായു ആകാശം മറ്റെല്ലാത്തെയും പറയും ആകാശവും ദ്രവ്യമാണ് പക്ഷെ അത് പ്രത്യക്ഷമാണ് എന്തുകൊണ്ട് രൂപവിരഹ അതിന് നിറവില്ല ാണ് നഭ അപ്രത്യക്ഷം രൂപരഹിതത്വ അനുമാനം നടത്തിയിട്ടുണ്ട് ആകാശം പ്രത്യക്ഷം ഉണ്ടാകാത്തത് സൂപം നിറം ഇല്ലാത്തത് കാരണം പാർട്ടിയന്മാരുടെ നിയമം അനുസരിച്ച് നിറമുള്ള ഒരു ബാഹ്യദ്രവ്യം മാത്രമേ ചാക്ഷസപ്രത്യക്ഷം ആകത്തുള്ളൂ ദക്ഷുരുദ്രിയ വിഷയമാകണമെങ്കിൽ ബാഹ്യമായ ഒരു വസ്തുവിന് നിറവുണ്ടായി ആകാശത്തിൽ നിറവില്ല നമ്മളത് അതൊരു ബാഹ്യദ്രവ്യമാണ് ആരാണോ ആകാശത്തെ കാണുന്നത് അവനെ സംബന്ധിച്ചത് ബാഹ്യമാണ് ആകാശം ആത്മാവാന്തീകമാണ് പക്ഷെ ആകാശം ബാഹ്യമാണ് ബാഹ്യദ്രവ്യമാണ് പ്രത്യക്ഷം എന്തുകൊണ്ട് നിറവില്ലാത്ത അപ്പോ നിറവില്ലാത്തതുകൊണ്ട് ബാഹ്യമായവർ തെളിയും നിറവില്ലാത്തതുകൊണ്ട് പ്രത്യക്ഷം ആകില്ലെന്ന് പറഞ്ഞാൽ ശരിയാകില്ല കാരണം നയ്യായികന്മാര് ചിലര് നിറമില്ലാത്ത വായുവിനെ പ്രത്യക്ഷമായി സ്വീകരിക്കുന്നത് എല്ലാവരും ചിലർ വായു പ്രത്യക്ഷമാണെന്നാണ് ചില അഭിപ്രായം നിറവില്ലാത്ത വായുവിനങ്ങനെ പ്രത്യക്ഷ സ്പർശാശ്രയൊക്കെ അതായത് വായു വീശുമ്പോൾ നമ്മുടെ ദേഹത്ത് ശീതസ്പർശം ഉണ്ടാകും ശീതസ്പർശം ഉണ്ടാകുമ്പോൾ ആ സ്പർശത്തിന്റെ ആശ്രയമായി വായു നമുക്ക് പ്രത്യക്ഷമാകുന്നു എന്ന് ടൂട്ടർ പറയുന്നു എന്ന് പറഞ്ഞാൽ താണി പറയുന്നത് ഒരു ബാഹ്യത്തെവീൽ പ്രത്യക്ഷമാകുന്നതിന് നിറം വേണമെന്നല്ല വായും നിറവില്ലല്ലോ എന്തായാലും പ്രത്യക്ഷം എന്തായാലും നിറം വേണമെന്ന് നിർബന്ധമുണ്ട് വായു നിറവെന്തോ പ്രത്യക്ഷമാവുമ്പോ സ്പർശാസനത്തി അതുകൊണ്ടാണ് കൂടെ രണ്ടും പറഞ്ഞു ആകാശത്ത് നോക്ക ആകാശം പ്രത്യക്ഷമുണ്ട് പ്രത്യക്ഷം എന്തുകൊണ്ട് രൂപരഹിതത്വ നിറമുണ്ടാകത്തോണ്ട് സ്പർശര സ്പർശ അപ്പൊ ഭാഷകാരം എന്താ പറഞ്ഞ ആകാശം അപ്രത്യക്ഷമാണോ നാമദികാരം വെക്കാൻ ശരിയാണ് ആകാശം അപ്രത്യക്ഷമാണെന്നുണ്ട് അതിന് രൂപവുമില്ല സ്പർശന എന്തുകൊണ്ട് അത് അപ്രത്യക്ഷവും പറയണ്ട സ്പർശങ്ങൾ രണ്ടും രൂപറഞ്ഞോ നിറവില്ല പക്ഷെ രൂപില്ലാത്ത വായുവിന്റെ പ്രത്യക്ഷം താർക്കിക മനസ്ഥിതി കൊണ്ടാന്ന് പറഞ്ഞത് രൂപവിന്റെ സ്പർശങ്ങൾ ആകാശത്തിന്റെ സ്പർശങ്ങൾ രൂപ അപ്പൊ എന്താണ് രൂപ സ്പർശവും ഇല്ലാത്ത പ്രത്യക്ഷം 재미� hurting <tongue> them. gutter പ്രത്യക്ഷമല്ല അതിന് ഭാമതികാർ സമർപ്പിക്കുന്നു അതിന് നിറങ്ങില്ല സ്പർശവും പക്ഷെ അത് അഭ്യാസം സംഭവിക്കുന്നു ഒരു പ്രതലം മേള നോക്കഴിഞ്ഞാൽ കൊട്ടയെടുത്ത് കമഴ്ത്തിയതുപോലെ പ്രതലം അവിടെ കാണുന്നു അതിനൊരു പ്രതലം ആകാശത്തില്ല അത് ആരോപണമാണ് മാലിന്യം ആകാശം മലിനമാണെന്ന് പറയും മേക്കും പറ്റുന്ന ഒരു പൊടിപടലും അതാണ് നബോഹിന്ദ്രീത്ത് രൂപ സ്പർശവിരഹാഹ്യ പ്രത്യക്ഷേന്ദ്രിയൊണ്ട് കൊണ്ട് ആകാശം പ്രത്യക്ഷമാകത്തില്ല ഇനി മാനസപ്രത്യക്ഷം ഉണ്ടാവും നബിന് മാനസപ്രത്യക്ഷ സാധാരണ ഉണ്ടാകുന്ന എന്തിനാണ് ഉള്ളിലിരിക്കുന്ന സ്വദുഖങ്ങൾക്കെല്ലാം മാനസപ്രത്യക്ഷ ഉണ്ടാവുന്നത് സുഖം ദുഃഖം നമ്മൾ പ്രത്യക്ഷമായി അറിയണം ആകാശത്തെ മനസ്സുകൊണ്ടറിയാൻ പറ്റിയില്ല എന്തുകൊണ്ട് നാവി മാനസും മനസ്സോ അസഹായസ്യ ബാഹ്യാക്ര ബാഹ്യേന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ പുറമെയുള്ള ഒരു വസ്തുവിനും മനസ്സിന് പ്രത്യക്ഷമായി പിരിക്കാൻ പറ്റിയില്ല രണ്ടും പരിഗണിക്കുന്ന പുസ്തകം അതിനും മനസ്സ് പ്രത്യക്ഷമായി പിരിക്കുന്നുണ്ട് പക്ഷെ അത് ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹായം കൊണ്ടാണ് ഇപ്പൊ ശബ്ദം കേൾക്കുന്നു പുറമെയാണ് ശബ്ദം ഞാൻ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ശ്രവണേന്ദ്രിയത്തിന്റെ സഹായത്തോടെയാണ് അവിടെയൊക്കെ മനസ്സ് ഗ്രഹിക്കുന്നുണ്ട് മനസ്സ് പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നുണ്ട് അപ്പം ബാഹ്യമായ ഒരു വസ്തുവിനെ വിശേഷം ദ്രവ്യത്തിൽ മനസ്സിനെ ഗ്രഹിക്കുന്നു ഇന്ദ്രിയത്തിന്റെ സഹായം വേണം ബാഹ്യേന്ദ്രിയങ്ങളുടെ പഞ്ചേന്ദ്രിയുടെ സഹായം അപ്പോൾ ഇവിടെ ആകാശത്തെ ഏത് ഇന്ദ്രിയത്തിന്റെ സഹായം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും ഒരു ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടും കൊണ്ടും ആകാശത്തെ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആകാശത്തിന്റെ മനസ്സപ്രത്യക്ഷുണ്ടാകുന്നു പറയുന്നു മനസ്സും അസഹായസ്യം അസഹായസ്യ മനസ്സാണെന്ന് പറഞ്ഞാൽ ബാഹ്യേന്ദ്രിയങ്ങളുടെ സഹായം കൂട്ടാതെ മനസ്സിന് െ ബാഹ്യമായ വിഷയങ്ങളിൽ അപ്രവർത്തിയെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല തസ്മാത് അപ്രത്യക്ഷം ഭാഷ്യകാരം പറഞ്ഞുകഴിഞ്ഞാൽ ഭാഗികാരം സമൃദ്ധിക്കുകയാണ് അതുകൊണ്ട് എന്താണ് ആകാശ അപ്രത്യക്ഷമാണ് അപ്പോ അത് ഇനി അധ്യാസം പക്ഷികാരൻ പറയുന്നത് എന്താണ് ഒരു വസ്തു മുമ്പിൽ പ്രത്യക്ഷമായാലേ അതിൽ അധ്യസിക്കാവുന്ന നിയമവുമില്ല ഉദാഹരണമാകാശം തന്നെയാണ് പ്രത്യക്ഷമല്ല അതിൽ അധ്യസിക്കുന്നു എങ്ങനെ അധ്യസിക്കുന്നു എന്നാണ് അടുത്ത് പറയുന്നത് അഥച്ച തത്ര ബാലാഹ അവിവേകിനർശന അവിടെ ബാലന്മാര് ബാലൻ പറഞ്ഞ കൊച്ചുകുട്ടികളൊന്നല്ല അവിവേകികൾ മേളോട്ട് ആകാശത്തിലേക്ക് നോക്കിട്ട് അവിവേകികൾ എന്ന് പറഞ്ഞ എന്താണ് പരദർശിത ദർശനം മറ്റുള്ളവര് കാണിച്ചു കൊടുക്കുന്ന കാണുന്നവരാണ് പരദർശിതർശി ദർശികൾ മറ്റുള്ളവര് പറഞ്ഞുകൊടുക്കുന്നു മനസ്സിലാക്കുന്നു എന്നുവച്ചാൽ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ഒരു കാര്യങ്ങളെ സ്വയം മനസിലാക്കാൻ ശേഷമില്ലാത്ത അവനാണ് പരദർശിത ദർശന അതാണ് ബാലന്മാർ അഭിവേകികൾ അവരെന്ത് ചെയ്യുന്നു ഇങ്ങനെ ആകാശത്ത് നോക്കിയിട്ട് അവരെന്തോ കാണുന്നു അത് ശരിയെന്ന് കരുതുന്നു സ്വയം ചിന്തിച്ച് മനസിലാക്കാൻ പറ്റില്ല അതുകൊണ്ടെന്തോരുന്നു പരദർശിത ദർശികൾ കഥാചിത് പാർത്ഥിവായ അവര് ചിലപ്പോൾ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ആകാശം നീലമെന്ന് പറയും നീലാകാശം എന്ന് പറയുന്നു ഈ നീലം എന്ന് പറയുന്നത് എന്താണ് എവിടെ നിന്ന് വന്ന നീല ഇപ്പൊ പഴയ ആൾക്കാർ ധരിച്ചിരുന്നെന്താണ് ഈ പൃഥ്വിടെ ഛായ നിഴല് മേണ്ടിക്കാണുന്നതാണ് നീലം ൃലാണ് മുകളിൽ നീല നടത്തിക്കാണു ആ നീലയെ ആകാശത്തിന്റേതായി അധ്യസിക്കുന്നു ആരോപിക്കുന്നു ശരിക്കും ആ നീല എന്ന് പറയുന്നത് ഭൂമിയുടെ നിഴലാണ് പഴയകാലം ധരിച്ചിരുന്നു സയന്റിഫിക്കായൊന്നും ശരിയല്ല പണ്ടുകാലത്ത് അങ്ങനെ ധരിച്ചിരുന്നു കഥാചി പറയാം ശ്യാമം ആരോപണം ആരോ പൃഥ്വിയുടെ ഛായയായ ശ്യാമ നീല നിറത്തെ ആരോപിക്കുന്നു എവിടെ ആ അപ്രത്യക്ഷമായ ആകാശത്തിൽ എന്നിട്ട് പറയുന്നു ആകാശം നീലയാണോ എന്ന് പറയുന്നു കഥാചി തൈജസ്സം ശുക്ലത്വം ആരോപിക്കുക ചെറുപ്പം ആകാശത്ത് നോക്കിയിട്ട് നല്ല തെളിഞ്ഞ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണോ തേജസ് സൂര്യപ്രകാശം അതിന്റെ ശുക്ലവർണം അതിനെ ആകാശത്തെ ആരോപിച്ചിട്ടാണ് പറയുന്നത് ആകാശം നല്ല തെളിഞ്ഞിരിക്കുന്നു ശരിക്കും ആ തെളിവെന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന്റെയാണ് അതിന്റെ ശുക്ലവർണമാണ് തെളിവെന്ന് പറയും അതിനെ ആകാശത്തെ ആരോപിക്കുകയാണ് ആകാശം പ്രത്യക്ഷം അല്ലെങ്കിലും ആരോപിക്കുന്നു അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൃഥ്വീടെ നിഴലിനെ ആരോപിച്ചിട്ട് പറയും ആകാശം മറ്റൊന്ന് സൂര്യപ്രകാശത്തിന്റെ ശുക്ലവർണം പഴയകാലത്ത് അങ്ങനെ ധരിച്ചിരിക്കുന്നുണ്ടാണ് സൂര്യപ്രകാശത്തിന്റെ വർണ്ണം എന്ന് പറയുന്നത് ശുക്ലവർണമാണ് തെളിഞ്ഞ ആവർണം അതാണ് സൂര്യപ്രകാശത്തിന്റെ അപ്പോൾ കഥാച്ചി തൈജസം തേജസ്സിന്റേതായ ശുക്ലത്വം ആരോഗ്യ ആരോപിച്ചിട്ട് എന്ന് പറയുന്നു നിലോത്പല പലാശ്യാമം എന്ന് പറയുന്നു നിലോത്പലത്തിന്റെ ദളം പോലെ ശ്യാമവർണം എന്ന് പറയുന്നു അങ്ങനെ പറയുന്നു എപ്പോ ആ ഈ ഭൂമിയുടെ നല്ല തീര നിറത്തിച്ച സമയാകാശങ്ങളുണ്ട് അത് ഭൂമിയുടെ ഛായയാണ് പറയുന്നു നീലോത്പലത്തിന്റെ ദളം പോലെ അത് നീല നിറത്തിയിരിക്കുന്നു എന്ന് പറയുന്നു എന്താ ആകാശം അപ്പൊ ആകാശം പ്രത്യക്ഷമല്ല പക്ഷെ ആകാശത്തിന് നീല ആണെന്ന് പറയുന്നു പിന്നെ രാജഹംസമാലാധവളം നല്ല തെളിച്ചം അതുപോലെ രാജഹംസങ്ങൾ ഈ രാജഹംസം എന്ന് പറയുന്നത് പഴയകാലത്ത് ഇങ്ങനെ ആകാശത്തോടി സഞ്ചരിക്കുന്നു ദേശാടന പക്ഷികളാണ് വെളുത്ത പക്ഷികൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു നല്ല വെളുപ്പ് അതുപോലെ എന്താണ് രാജഹംസമാലാധവളം രാജഹംസമാലകൾ അതിങ്ങനെ തുറച്ചായിട്ട് സഞ്ചരിക്കുമ്പോഴാണ് അതിന് മാലാകള് അതുപോലെ വെളുത്തിരിക്കുന്നു പറയും ആകാശം രീതിയിൽ നല്ല തെളിഞ്ഞ ആകാശം അത് പ്രകാശത്തിന്റെ ശുഷ്കളവർണത്തെ ആകാശത്തിൽ ആരോപിച്ചിട്ടാണ് ഇതിവ നിർണയം തീ നല്ല നിർണയം ഇതുവരെ നിർണയമാണ് പക്ഷെ ഭ്രാന്തിയാണെങ്കിൽ എന്താണ് പറയുന്നത് ആകാശം ണെങ്കിലും അവിടെ ഭൂമിയുടെ നിഴൽ ആയ നീലനിറത്തെ ആരോപിച്ചിട്ട് ആകാശം നീലം എന്ന് പറയും സൂര്യപ്രകാശത്തിന്റെ ധവളിമ അതിനെ അങ്ങോട്ട് ആരോപിച്ചിട്ട് ആകാശം ധവളമാണോ എന്ന് പറയും അപ്പോ അപ്രത്യക്ഷമായ ഒന്നിനും ഇതുപോലെ അധ്യാസ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ പ്രൗഢപാദമായി പറയാണ് ഞങ്ങളെ സംബന്ധിച്ച് ആത്മാവ് പ്രത്യക്ഷമാണ് പക്ഷെ നിങ്ങൾ പ്രത്യക്ഷം അല്ലെന്ന് പറയണെങ്കിൽ കാര്ഹികന്മാരും മറ്റും പറയാം ആത്മാവ് പ്രത്യക്ഷമുണ്ട് എന്നാൽ അതിനീകരിച്ചുകൊണ്ട് എന്ന് പറയാം പ്രത്യക്ഷം അല്ലെങ്കിലും അധ്യാസം സംഭവിക്കാം ഏതുപോലെ ഏതുപോലെയാണ് ആ പ്രത്യക്ഷ പ്രത്യക്ഷമല്ല എന്നുള്ളത് സ്വീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്നാൽ അദ്വൈതികളിൽ തന്നെ ആകാശം പ്രത്യക്ഷമാണെന്ന് പറയുന്നവരാണ് നല്ലൊരു പ്രധാനപ്പെട്ട ആളാണ് അവര് സംക്ഷേപ ശാരീരിക വേദിയാണ് സർവജ്ഞാത്മവിനി അദ്ദേഹം ആകാശം പ്രത്യക്ഷമാണെന്നാണ് സർവജ്ഞാത്മമുനിർവജ്ഞാത്മ മുനിർ ശങ്കരാചര്ക്ക് തൊട്ടടുത്ത് ജീവിച്ച സുരേഷ് രാജാവിന്റെ ശിഷ്യൻ എന്നൊക്കെ പറയുന്നു കൃത്യമായി അറിയില്ല എന്നാലും അടുത്ത കാലത്ത് അതിനോട് അടുത്ത് ജീവിച്ചാണ് സംക്ഷേപ ശാരീരികം എന്ന് പറയുന്നത് ആ ബ്രഹ്മസൂത്രത്തിന്റെ ആശയങ്ങളെ സംക്ഷേപിച്ചു വളരെ പ്രൗഢമായ ഒരു കൃതിയാണ് നല്ല ഒന്നാന്ത സാഹിത്യത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ പൂരിസ്വാമിയെ ഓർമ്മയുണ്ട് പൂരിസ്വാമി ഈ സംക്ഷേപ പദ്യ രൂപത്തിൽ പ്രവർത്തനം ചെയ്തിട്ട് ഒരു ചെറിയ ബുക്ക് ഇവിടെ കൊണ്ടുവന്ന് ശാസ്വീകരണ സമയത്ത് മലയാളത്തില് പഴയകാലത്ത് ശാസ്ത്രീയാണ് കൊല്ലത്തുകാരനാണ് ശാസ്ത്രീയ ആയോണ്ട് സംസ്കൃതം പഠിച്ചിട്ടുണ്ട് നമുക്ക് പഠിച്ചിട്ട് കൊണ്ട് സാഹിത്യം നല്ല വശമാണ് അപ്പം നല്ല സാഹിത്യത്തില് കാശിയിൽ പോയി ഒരു സ്വാമിയുടെ സംക്ഷേപിച്ചായിരിക്കും അതുകൊണ്ട് അതിന്റെ ഒരു ആളൊരു മാസ്റ്റർ പീസ് ആണ് അപ്പൊ ഇദ്ദേഹം കൊണ്ടുവന്ന് ശാസ്ത്രയുടെ സമിതിപ്പിച്ചു ഇല്ലാതെ എവിടെ പോയി എന്ന് ആർക്കറിയാം പ്രശ്നങ്ങളൊക്കെ ആയി സ്വാമി വേറെ ആരെങ്കിലും കിട്ടിയാലും ഒക്കെ അതുപോലെ തന്നെ പഞ്ചദശ്ശേഴിയാണ് എന്നാണ് പേര് രാമേശ്വരാനന്ദപുരി ഗുജറാത്തിൽ ഹംസാറൂഢ ആശ്രമത്തിലുണ്ടായിരുന്നു അദ്ദേഹം ദർശനമാരേപോലെ തന്നെ നല്ല മലയാളത്തിൽ അന്യർത്ഥമന്ത്രി നല്ലൊരു പണ്ഡിതനാണ് അന്യയാർത്ഥവഴി അത് യശിവന് സ്വാമിയുടെ കൊണ്ട് കൊടുത്തായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ അടുത്തൊരു കാണിച്ചായിരുന്നു ഞാനത് അറിയുന്നത് ഗുജറാത്തിൽ പോയപ്പോഴാ അറിഞ്ഞത് ഇങ്ങനെ ഇതേ എഴുതി ഇവിടെ നിന്നൊന്ന് കൊടുത്തിട്ടുണ്ട് നല്ല മലയാളത്തിൽ നല്ല രീതി അതും ഇത് രണ്ടും നഷ്ടപ്പെട്ടില്ല പഞ്ചദേശിയോടൊന്ന് പ്രതിഷേധിച്ചിട്ടുണ്ടല്ലോ പഞ്ചദേശി സാരം രാമേശ്വരാണ് ഇവിടെ താഴെ ഉണ്ടായിരുന്നുവരാനന്ദ അത് വിമുനാനന്ദ സ്വാമിയുടെ ഗുരുവായാണ് മാധവാന സ്വാമിയുടെ ശിഷ്യ വിമുനാനന്ദ സ്വാമിയെ ജീവിതത്തിൽ ആത്മനിഷേധവും ദർശനമാണ് അദ്വൈതീവിത മൂന്നിന് എനിക്കറിയിട്ടില്ല വിഘനാനന്ദ സ്വാമിയും പഴയ ശാസ്ത്രീയമാണ് സാഹിത്യം നല്ല പരിചയമുള്ള പക്ഷെ ഇതുപോലെയല്ല വിമലായൻ സ്വാമിന്റെ എഴുത്ത് പോലെയല്ല വിമലായനസ്വാമിന്റെ എഴുത്ത് എന്ന് പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ ശാസ്ത്രങ്ങളെല്ലാം കുത്തി നിറച്ചു വെച്ചവരുത്താണ് ആർക്കും വായിച്ചാൽ മനസ്സിലാകത്തില്ല പക്ഷെ മറ്റേ അദ്ദേഹം അങ്ങനെ അല്ല വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് രാമേശ്വരൻ കുറച്ചുകൂടെ അദ്ദേഹം ലളിതമായി എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടാ നമുക്ക് മനസ്സിലാവും വായിച്ചത് എവിടെ പോയിന്നറിയാ അതുപോലെ ഇതിനും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അതിൽ പിന്നെ ഇദ്ദേഹം വേറൊരു കാര്യം ഇവിടെ വടക്കേ ഇന്ത്യയിൽ പോയി പറഞ്ഞു ആര് ഈ പൂരി പൂരിക്ക് എന്നോട് ദേഷ്യമുണ്ടായിരുന്നു ഒരു കാര്യം ഇണ്ടായിരുന്നു എന്താണോ ആ എനിക്കറിയത്തില്ല കൊറേ മനുഷ്യർ വിരോധം വരുന്ന കാര്യ ഇദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പോയിട്ട് പിന്നെ അവിടെ കൊറേ കാലം സാധന സാധനം താമസിച്ചു അപ്പൊ അവിടെ ഒരു മലയാളി കാണാൻ എന്നിപ്പോ പറഞ്ഞു ഇങ്ങനെ ശിവഗിരിയില് ഞാനൊരു പുസ്തകം എഴുതി കൊടുത്തിട്ടുണ്ട് സംക്ഷേപ ശരീരം ശാശിവൻ സ്വാമിയുടെ കൊടുത്തെന്ന് പറഞ്ഞു അപ്പൊ ശിവഗിരിയുടെ ഭരണമൊക്കെ വേറൊരാളിപ്പോ പിടിച്ചെടുത്തു എന്നെ ശാശിവാന സ്വാമിയെ പിടിച്ചെടുത്തു എന്റെ പുസ്തകവും ഈ ആളെ എടുത്തു വച്ചിരിക്കാണ് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കാനും എന്നെ കുറിച്ച് അറിയാത്തവരാണ് വിശ്വസ് അങ്ങനെയൊക്കെ ഇവിടെ ചിലടത്ത് പറഞ്ഞു ഞാൻ അറിഞ്ഞു അവരെന്നോടൊന്നു പറഞ്ഞു ആ അത് കൊഴപ്പൊന്നും ഇല്ല പിന്നെ അത് എഴുതിയ സുഖെന്തെങ്കിലും ശരിക്കില്ലല്ലോ ശരിക്ക് അറിയത്തില്ല പിന്നെ അതിന്റെ പദ്യങ്ങളൊക്കെ വരിക കറക്റ്റ് ചെയ്യാൻ ഇവിടെ എന്റെയും കൊണ്ടു തന്നു നമുക്ക് ഇപ്പൊ അത് ഒരുപാട് തെറ്റുണ്ട് കൊറച്ചൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തു എനിക്ക് വേറെ ആൾ എഴുതി കറക്റ്റ് ചെയ്യുക പിന്നെ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനതൊന്നും ചെയ്യാറില്ല പിന്നെ അത് കറക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ ചിലതൊക്കെ ചെയ്യും എഡിറ്റിങ് കൊറച്ചൊക്കെ ഞാൻ നോക്കി ഒരുപാട് തെറ്റൊക്കെ ഉണ്ട് പിന്നെ സംസ്കൃ അത് എഴുതിയിരിക്കുന്ന തെലുങ്ക് ഭാഷയാണ് നമുക്കറിയത്തില്ല തെലുങ്ക് മലയാളത്തിലാണെങ്കിൽ ശെരിയോ തെറ്റോ ആൾക്കാ പുള്ളി അവിടത്തെ ശിഷ്യനുണ്ടായിരുന്നു മറ്റേ നമ്മളെല്ലാം അവിടെ പോയ ഒരാശ്രമം ഉണ്ടല്ലോ അവരുടെ ഉടന്നു കൊണ്ട് ഓടിപ്പോയ പോലെ പോയൊരാശ്രമുണ്ട് കോട്ടയത്തല്ല മുനീന്ദ്രാനൊരാശ്രമുണ്ടല്ലോ ആശ്രമത്തിലൊരു ആന്ധ്രകാരൻ ഉണ്ടായിരുന്നു അതിന് എന്താണ് തമിഴ് മലയാളമൊക്കെ കുറച്ചറിയായിരുന്നു അതിനെ കൊണ്ട് കുറച്ച് കറക്റ്റ് ചെയ്തത് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല കാരണം അത് തെലുങ്ക് അത്ര ശരിയാണെന്നുള്ള കാര്യം എനിക്കറിയാം ഉം മലയാള സ്വാമി ജനിച്ച സ്ഥലം ജന്മസ്ഥ ഞങ്ങൾ അവിടെ പോയി ദിവസം താമസിച്ചു അവിടെ എന്തായാലും അതിൽ പറയുന്നത് എന്താണ് സംക്ഷേപ ശാരീരികത്തിൽ പറയുന്നത് ആകാശം മാനസപ്രത്യക്ഷമാണ് ആകാശം എന്ന് പറയുന്നത് മാനസപ്രത്യക്ഷം അതായത് ആകാശം എന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ് ദ്രവ്യം പ്രത്യക്ഷമാകുന്നതിന് തടസ്സം അതിന്റെ ആവരണമാണ് അവിദ്യാവരണമാണ് ആവിദ്യാവരണത്തെ ഇല്ലാതാക്കണമെങ്കിൽ പുറമേ വൃത്തി പോകണം അതൊക്കെ അദ്വൈതികളുടെ പ്രക്രിയയാണ് വൃത്തിചെന്ന ആവരണത്തെ ആ വൃത്തി പുറത്ത് പോകണമെങ്കിൽ എന്തുവേണം മനോവൃത്തി പുറത്തെത്തണം അപ്പോ ചക്ഷിന്ദ്രിയത്തിലൂടെ ആകാശത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാകത്തില്ല കാരണം അതില് ൂപ നിറമില്ല പ്രത്യക്ഷ യോഗ്യമായ നിറം ഉദ്ഭൂതരൂപം ഇല്ല ഉദ്ഭൂതരൂപമില്ലാത്തതുകൊണ്ട് ചക്ഷിതിന്റെ ആയിട്ട് സന്നി കർഷം ഉണ്ടാവത്തില്ല പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ ഒരു നീല നിറം ഉണ്ടാവും ഈ നീലനിറം ആകാശത്തിന്റെ ഉപാധിയാവും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യപ്രകാശത്തിലുള്ള ശുഭ്രം അത് ആകാശത്തിന് ഉപാധിയാകും ഉപാധിയാവുമ്പോഴത്തേക്ക് അവിടെ ചക്ഷുസംയോഗം ഉണ്ടാവും ചക്ഷുസംയോഗം ഉണ്ടാകുമ്പോൾ മനസ്സ് പുറത്തുപോകും പുറത്തുപോയി മാനസപ്രത്യക്ഷം ഉണ്ടാകും അതായത് കണ്ണിന്റെ കൃഷ്ണമണിയിലുള്ള രൂപം ആകാശത്തിന് ഉപാധിയായിട്ട് ചക്ഷുസംയോഗം ഉണ്ടായി മനസ്സ് പുറത്തുപോയി മാനസിക പ്രത്യക്ഷം ഉണ്ടാകും അല്ലെങ്കിൽ പ്രകാശത്തിലെ ശുക്ല വർണം ഉപാധിയായിട്ട് ചക്ഷു സംയോഗം ഉണ്ടാകുന്നതിനാണ് ഉപാധി ആകാശം കാരണം ഉദ്ഭൂതരൂപള്ളിടത്ത് ചക്ഷുവിൻ്റെ സംയോഗമുണ്ടായി പ്രത്യക്ഷമുണ്ടാകട്ടുള്ളൂ ചക്ഷു സംയോഗമല്ലാതെ ഉണ്ടാകാം പക്ഷെ ഉദ്ഭൂതരൂപത്വം വേണം അതിന് രാക്ഷപ്രത്യക്ഷം ഉണ്ടാകും അതിനുവേണ്ടിട്ടൊരു വളഞ്ഞ വഴി പറയുകയാണ് കണ്ണിലെ നിറം ആകാശത്തിന്റെ ഉപാധിയായി സ്വാഭാവികമായ ആകാശത്തിന് ചക്ഷസമയം ഉണ്ടായി മനസ്സ് പുറത്തുപോയി ആകാശത്തിന് തിരിക്കും ആകാശം പ്രത്യക്ഷമാണ് അങ്ങനെ പ്രത്യക്ഷമായ ആകാശത്തിൽ സ്ഥലവും മലിനതയൊക്കെ അഭ്യസിക്കും ആരും പറയുന്നു സംക്ഷേപ ശാരീരിക ആരും പറയും പിന്നെ ഒന്നിന്റെ രൂപം കൊണ്ട് ഒന്നിന്റെ രൂപം അങ്ങനെ മറ്റെങ്ങനെ ഉപാധിയാകും കാരണം കണ്ണിലിരിക്കുന്ന നീലരൂപം ആകാശത്തിന് അങ്ങനെ ഉപാധിയാവും അതിനു പറയുന്നത് പീതശങ്ക നേരത്തെ ചർച്ച ചെയ്യണം പിത്തം പിടിച്ചയാള് പീതശങ്ക മഞ്ഞസംഘം എന്ന് പറയുമ്പം പിത്തദ്രവ്യത്തിനുള്ള പീതരൂപം ശങ്കിനുപാധിയായിട്ട് ശംഖുമായിട്ട് ചക്ഷസംയോഗം ഉണ്ടാകും അതുപോലെ പിത്തദ്രവ്യം അതിലിരിക്കുന്ന പീതരൂപം പുറമേയിരിക്കുന്ന ശങ്കിനുപാധിയാവും കാരണം ഇവിടെ ഇന്ദ്രിയ അർത്ഥ സന്നികർഷം ഉണ്ടാകുമ്പോൾ ഉള്ളിലിരിക്കുന്ന അന്ധക്കരണം ഇവിടെ പുറത്തു വരും പുറത്തു വരുമ്പോൾ ആദ്യം ഇവിടെ പിത്തവും വരും ആ പിത്തത്തിലെന്ത് വരും പീതവർണ്ണമുണ്ട് ആ പീതവർണ്ണ ശംഖിനുപാധിയാവും ഉപാധിയുമായിട്ട് ശങ്കിന്റെ പ്രത്യക്ഷമുണ്ടാകും ഇതൊക്കെ പഴയ കാലത്തുള്ള കൽപ്പനകളാണ് ഭാവനകളാണ് ഇതൊന്നും കഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല അതുപോലെ കണ്ണിലിരിക്കുന്ന നീലവർണം ആകാശത്തിന് ഉപകാര രക്ഷസമീപം ഉണ്ടായി ഉള്ളിലിരിക്കുന്ന മനസ്സിൽ പുറത്തുപോയി ആകാശത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാകും എന്ന് പറയും ആര് പറയുന്നു സംയ ശാരീരിക കാരണം മഹസോ അനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നെ മഹസോ അനുസരിച്ചി പറയുന്നത് ആകാശം എന്ന് പറയുന്നത് സാക്ഷിഭാസ്യമാണ് സാക്ഷിഭാസ്യമായിരിക്കുന്നത് അതുപോലെ ആകാശവും സാക്ഷിഭാസ്യം സാക്ഷിപ്രത്യക്ഷമാണ് ഇങ്ങനെയൊക്കെ പഴയ ആൾക്കാർക്ക് പല പല കൽപ്പനകൾ ഭാവനകളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഭാവതികാരം പറയുന്നത് ഇതൊന്നും അംഗീകരിക്കുന്നില്ല ഭാവതി പറയുന്ന ആകാശം പ്രത്യക്ഷം അല്ല നീല നിറം എന്തുകൊണ്ട് കാണുന്നു അതൊന്നുകിൽ ഭൂമിയുടെ നിഴലാണ് ഛായയാണ് പിന്നെ വെളുപ്പുകാരം എന്തുകൊണ്ട് വരുന്നു അത് സൂര്യരശ്മിയിലെ ധവളിമയാണ് സയന്റിഫിക്കായി പറയുന്നത് എന്താണ് പ്രകാശം ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്ന മോളിക്കൂടുകളിൽ തട്ടിയിട്ട് സ്കാറ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസ സംഭവം ചിതറുക ചിതറുമ്പോൾ അവിടെ കൂടുതൽ അങ്ങനെ വിശദീകരിച്ചിട്ടുള്ളതാണ് അതൊക്കെ കൂടുതൽ വർണ്ണം നീലായത് കൊണ്ട് നീല കാണുന്നു അതാണ് സയന്റിഫിക്കായി എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ആകാശത്തിന്റേതല്ല ആ നിറം അതെല്ലാവരും പറയുന്നു അതൊക്കെ അതിനുള്ളത് തന്നെയാണ് അതെക്കൊണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവര് എന്താണ് ഒരു സാധനം വെച്ച് ഇങ്ങനെ കറക്കുന്നു എല്ലാം കൂടെ വെള്ളയായി കാണുന്നതും അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല ഒരു ഡിസ്ക് വെച്ച് കറക്കിയിട്ടുണ്ട് അത് സയന്റിഫിക്കായി ശരിയാണ് ഏഴ് വർണ്ണങ്ങൾ അതിനകത്ത് നടന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭാഷകാരം പറയുന്നത് എന്താണ് ആകാശം പ്രത്യക്ഷമല്ല എന്ന് പറയുന്നത് ഭാമതീകരണം അംഗീകരിക്കുന്നു അങ്ങനെ പ്രത്യക്ഷമല്ലാത്ത ആകാശത്ത് നീതന്ത്രണം ആരോപിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് ശരിയാണ് നീലനിറം വേറെയാണ് അത് അവിടെ ആരോപിക്കുന്നത് ആ കാണുന്നത് ആരോപിച്ച ഒന്നാണ് ഒന്നാണ് പിന്നെ ഈ സാധാരണ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കേണ്ട എന്റെ വ്യത്യാസം ഈ നീലനിറം എന്ന് പറയുന്നത് ഭ്രാന്തി കാരണം എന്താണ് സ്കാറ്ററിംഗ് കൊണ്ട് അവിടെ നമ്മൾ നീലനിറം കാണുകയാണ് പിന്നെ ആ നീലനിറം ആകാശത്തിന്റേതാണെന്ന് ധരിക്കുന്നിടത്താണ് പ്രാണി നീലനിറമല്ല പ്രാണി ആകാശനീലിമ ഭ്രാന്തി എന്ന് പറയും പഴയ അത് ശരിയല്ല ആകാശനീലിമെന്ന് പറയുന്നത് ആകാശത്തിന്റേതാണെന്ന് ധരിക്കുന്നതാണ് പ്രാണി ആ നീലിമെന്ന് പറയുന്ന എന്താണോ സ്കാറ്ററിങ് കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വാസ്തവത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഭ്രാന്തിയല്ല അതിന്റെ സയൻസ് മനസ്സിലാക്കി കഴിയുമ്പോൾ അതില്ലതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലുള്ള മറ്റു നിറങ്ങളെപ്പോലെയാണ് പക്ഷെ അത് ആകാശത്തിന്റെ ആണ് ധരിച്ച ഭ്രാന്ത ആകാശം എന്ന് പറയുന്നത് എന്താണ് ആകാശം എന്ന് പറയുന്നത് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൗതിക പദാർത്ഥമാണ് അവിടെ ഈ നിറങ്ങളും പറ്റുമൊക്കെ അനുഭവപ്പെടുന്നത് എന്താണ് സൂര്യപ്രകാശം കൊണ്ട് അനുഭവപ്പെടുന്നതാണ് കാശവും പദാർത്ഥമാണ് വികസിക്കുന്ന പദാർത്ഥമാണ് അതാണ് സ്പേസ് എന്ന് പറയുന്നത് അതാണ് സയൻസ് വളരെ അതുകൊണ്ട് എന്താണ് ഇനി ആത്മാവ് പ്രത്യക്ഷമല്ലെന്ന് പറഞ്ഞാലും അധ്യാസം സംഭവിക്കാം പക്ഷെ അത് ശരിയല്ല അത് പ്രൌഢവാദമാണ് ഒരാള് തന്റെ തർക്കസാമർഥ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി വാദിച്ചു തോൽപ്പിക്കുന്നതാണ് സിദ്ധാന്തമല്ല എന്നുള്ളത് പ്രൗഢഭാഗവും സിദ്ധാന്തമല്ല അതൊരു തർക്കം മാത്രമാണ് സിദ്ധാന്തം എന്താണ് പ്രത്യേകാത്മാവും പ്രത്യക്ഷമാണ് അതിൽ മറ്റുള്ളതിനേക്ക് ആരംഭിക്കും ഇതാണ് സിദ്ധാന്തം